ീതരും പന്ത്രണ്ട് ഭാഷയത്തിന്റെ വ്യാഖ്യാനവും അത് നമ്മുടെ ഭാഷയത്തിൽ കഞ്ചുരൂരീ ആത്മവിജ്ഞാനാലയവ ബ്രഹ്മ ബ്രഹ്മജ്ഞാന സകാര്യസ്യ വിനഷ്ടത്വ ശിഷ്യപദേശോ നിഷ്പ്രയോജം എന്ന് പറയുന്ന അവസാനങ്ങളാണ് ഇവിടെ ഭക്ഷണാൽ പ്രമാണിജോ ഈ ഉപദേശം നിരക്കണോ ഇതിൻ്റെ ആലോചിക്കും അതിനെക്കുറിച്ചാണ് ചെലവ് ചെയ്യുന്നത് ആ കാര്യം നിരന്ത ദേശീയൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഈ ഭാവങ്ങൾ പറയുന്നത് അദ്വീതത്തിൽ ഏത് ജീവവാദത്തിനനുസരിച്ചിട്ടാണ് ഫേദിച്ച് നാല് കാര്യം ജീവനും ഏകനാണ് അവിദ്യ കൂടിച്ചേർന്നതുകൊണ്ട് ബ്രഹ്മം പല ജീവന്മാരകത്ത് ഒറ്റ ജീവനും ഇതുകൊണ്ടാണെങ്കിൽ ഏക ജീവവാദവും ബ്രഹ്മം ഏക ഏക ജീവ ബ്രഹ്മം അത് തന്നെയാണ് ജീവിതം അത് ബ്രഹ്മം ഒന്നാണെങ്കിൽ ജീവനും ഒന്നാണ് പിന്നെ ബ്രഹ്മേകം എന്ന് പറയുന്നത് ഈ പ്രപഞ്ച നാനാത്വത്തെ അപേക്ഷിച്ച പറയുന്നത് ബ്രഹ്മ ഏകം ബ്രഹ്മം മാത്രമേ ഉള്ളൂ പിന്നെ ഏകമെന്ന് പറയാൻ പ്രപഞ്ച നാനാത്വത്തെ അപേക്ഷിച്ച് െ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞോ ഇവിടെ നിർത്തിപ്പൊരിക്കുക അത് എന്താണ് മനസ്സിലാകുന്നതെന്നാൽ മനസ്സിലാവുമ്പോൾ രസം അത്രയാണോ പറഞ്ഞത് ചെയതിനകത്ത് കാര്യമൊന്നുമില്ല സ്വപ്ന ദൃശൈവ ഏകശൈവ സ്വപ്ന ദൃഷ്ട പുരുഷാദൈവ അയ്യ ജീവാദയങ്ങളെ ഭാവി മനസ്സിലാക്കുന്ന ഒരു സ്വപ്നത്തെ കുറിച്ച് എത്തി അപ്പോ പൊതുവെ പറഞ്ഞ ഞാൻ ഇത് സ്വപ്നം കാണും എല്ലാം ഉപരിഹരിക്കുന്ന ആ സ്വപ്നത്തിലെ ജീവന്മാരും പക്ഷെ അവിടെ ഏകമായ ഭ്രമം ഞാൻ തന്നെ അവിദ്യായുക്തനായിരിക്കുന്ന ആ ജീവനാണ് ഞാൻ തന്നെ എന്റെ സുഖം ഞാനും നിങ്ങൾക്ക് നിങ്ങളുടെ എന്റെ സ്വപ്നമാണ് എങ്കിൽ ഞാൻ ബ്രഹ്മമാണ് ഞാൻ തന്നെയാണ് ജീവൻ എന്തുകൊണ്ട് അറിയിക്കുക എന്റെ ദുഃഖം നിങ്ങളെല്ലാം ഇതും പൈസയിരിക്കുന്നവരെല്ലാം എന്റെ സ്വപ്നത്തിലെ കഥാപാത്രം എന്താ നമ്മൾ സ്വപ്നത്തിൽ എന്ത് കാണുന്നു നോക്കിയതൊരു ഉറപ്പില്ല സ്വപ്നത്തിൽ ഒരാൾ എന്തൊക്കെയാണോ അനുഭവിക്കുന്നത് അതല്ല ആ പറയുന്ന ആൾ അങ്ങനെ നമുക്ക് എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് സ്വപ്നത്തിൽ പോയി ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ ജാഗ്രതത്തിൽ എടുത്ത് ചർച്ച ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ നല്ല സങ്കല്പിക്കുന്നു സ്വപ്ന സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു അയാൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു സ്വപ്നത്തിന്റെ ഭാഗമാണ് സ്വപ്നത്തിന് പുറത്തിരിക്കുന്ന ബ്രഹ്മം അറിയിക്കുക രഹിതനായിരിക്കുന്ന ബ്രഹ്മം എന്താ ഏകജീവിതം എന്ന് പറയുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാ ഞാനിപ്പോ ഇവിടെ ഇരുന്ന് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ ഈ മുറിക്ക് പുറത്താവൂ ഇവിടെ ഇരുന്ന് തന്നെ കാണാൻ പറ്റും അതുകൊണ്ട് എനിക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല സ്വപ്നം കാണുന്നവൻ ആയിട്ട് ഞാൻ ഇരിക്കുന്നു ഇത് എന്തു ചെയ്യണം ഭാവന ചെയ്യണം അല്ലാതെ മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മുടെ ജാതകത്തിലാണ് സ്വപ്നത്തെ കുറിച്ചവർ ഭാവന ചെയ്ത് ഞാൻ സ്വപ്നം കാണുന്നവനാണെന്ന് സ്വയം ഭാവന ചെയ്തു ഞാൻ ജീവനാണെന്ന് ഭാവന ചെയ്ത് എൻ്റെ മുമ്പിലിരിക്കുന്നവരെല്ലാം ഈ സ്വപ്നത്തിൽ അന്തർഭാവിച്ചിരിക്കുന്ന ജീവന്മാരാണ് ഭാവന അതൊക്കെ ഭാവനയിലൂടെ മനസ്സിലാക്കണം ഒരു കൺഫ്യൂഷൻ വരുന്നത് മനഃപൂർവം കൺഫ്യൂഷനും ഉണ്ടാക്കാതിരുന്നവർ ഏ സ്വപ്നത്തിന്റെ അകോ എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുന്നു അവന്റെ സ്വപ്നം എത്രയോ സ്വപ്നം കാണുന്നു അവന്റെ സ്വപ്നം അതെനിക്ക് ചോദ്യം എനിക്ക് മനസ്സിലാവുന്നില്ല സ്വപ്നത്തിന്റെ അകത്തെന്ന് പറഞ്ഞാല് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് രാം പിന്നെ അതിന്റെ അകത്ത് വേറെ ഉള്ള ആൾക്കാരെ കുറിച്ചാണോ ചോദിക്കുന്നത് അതേ കാണുന്നവനെ കുറിച്ചാണ് കാണുന്നവനാണ് ജീവൻ ഏകജീവൻ കാണുന്നവനാണ് ഏക ജീവൻ ഇനി സ്വപ്നത്തിലെ കഥാപാത്രമാണോ എന്നോട് ഇപ്പോൾ ചോദ്യം ചോദിക്കുന്ന ആണ് അയാൾക്കും അവകാശപ്പെടാൻ ഞാനാണ് സ്വപ്നം കാണുന്നതെന്ന് ബാക്കിയുള്ളവരെല്ലാം എന്റെ സ്വപ്നത്തിന്റെ കഥാപാത്രങ്ങളെന്ന് അത് പറയണം അതാർക്കണോ അവകാശം അത് ഞാൻ അതന്നെ ഞാൻ പറയും നിങ്ങൾ എന്നെ എല്ലായിട്ട് കാണുന്ന സ്വപ്നം കാണുന്നവനായിട്ട് അപ്പൊ എന്റെ സ്വപ്നത്തില് നിങ്ങളെല്ലാം കഥാപാത്രം നിങ്ങളാരെങ്കിലും പറയണം അങ്ങനെയല്ല ഞാനാണ് സ്വപ്നം കാണുന്നത് അത് നിങ്ങളുടെ ഇഷ്ടം എനിക്കതിടാൻ പറ്റില്ല അപ്പൊ ഞാൻ കഥാപാത്രം അതാർക്കും ആവാ അതാണ് എനിക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ആ കാര്യമാണ് ഈ ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകും മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് പറഞ്ഞു നിൽക്കനെ പറഞ്ഞു തരാൻ പറ്റും ഞാൻ സ്വപ്നം കാണുന്നു നിങ്ങളെല്ലാം എന്റെ സ്വപ്നത്തിലെ കഥാപാത്രം ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും നോക്കിയാണെങ്കിൽ പറയാം ഞാനാണ് സ്വപ്നം കാണുന്നത് ഈ പറയുന്ന ആൾ എന്റെ സ്വപ്നത്തിലുള്ള കഥാപാത്രം പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ നിസ്സഹായതാണ് അതുപോലെ സ്വപ്നദൃശ്യവതാണ് സ്വപ്നദൃശ്യ സ്വപ്നദൃഷ്ടാവിനെ പോലെ ഏകസൈവതാണില്ല ആ സ്വപ്നം കാണുന്നവന്റെ ഭ്രമാ സ്വപ്നം ഒരു ഭ്രമമാണ് ജാതരത്തിനു അപ്പൊ ഏകസീവ തസ്യടെ സ്വപ്നം കാണുന്നവരെ ഭ്രമാത് സ്വപ്നദിഷ്ട പുരുഷാദയ ഇവ അന്യേ ജീവാദയം പ്രതിഭാംഗ് സ്വപ്നദിഷ്ട പുരുഷാദയെന്നവ നിങ്ങളെല്ലാം അന്യേ നിങ്ങളെല്ലാവരും പ്രതിഭാഗി അനുഭവപ്പെടുന്നു ആർക്ക് എനിക്ക് ഞങ്ങളങ്ങനെ അനുഭവപ്പെടുന്നു അതേപോലെ പക്ഷെ ഞാൻ അന്ന് അതാണ് സ്വപ്നം ഇവ ഏകസീവ സസ്യ ബ്രഹ്മമാണ് അപ്പൊ ബ്രഹ്മം ഏകനായ ബ്രഹ്മത്തിന്റെ ബ്രഹ്മം ബ്രഹ്മത്തിന് ബ്രഹ്മം എന്തുകൊണ്ടാണ് ബ്രഹ്മത്തിന് ബ്രഹ്മം വന്ന് ബ്രഹ്മം എന്നാൽ അവിദ്യം അതാണ് അവിദ്യ കുറവാണ് അവിദ്യ കൊണ്ട് ബ്രഹ്മത്തിൽ ഭ്രഹ്മ സിദ്ധാന്തമാണ് അത് അദ്വൈതത്തിന്റെ സിദ്ധാന്തമാണ് ഈ സിദ്ധാന്തത്തേണ് ചോദ്യം ചെയ്യുന്നത് വേദാന്ത നിങ്ങളീ പറയുന്നതൊക്കെ പൊട്ടത്തരോ എനി പറയാമോ ഇത് ഈ പറയുന്ന കൃത്യമായി മനസ്സിലാക്കിയാൽ എനിക്ക് മുമ്പോട്ട് ചേരുന്നതായി മനസ്സിലാക്കണം അപ്പൊ മനസ്സിലായതിന് എന്തൊക്കെ പറയും മനസ്സിലായതിന് ചോദിച്ചു അനിശ്ചിതദേഹവിശേഷസ്ഥിതി അനിർണീത ഭക്ഷ്യത് തരേണോത് ബാധ്യത ഒരു കാര്യം ഉറപ്പാണ് സ്വപ്നം കാണുന്ന കൊണ്ട് ഒരാളാണ് ഞാൻ പറയുന്നത് ഞാനാണ് സ്വപ്നം കാണുന്നത് അപ്പോ നിങ്ങളെന്തായാലും കഥാപാത്രം അപ്പൊ ഈ സ്വപ്നം കാണുന്നത് ഞാനാണെന്ന് ഞാൻ പറയുന്നു സ്വപ്നത്തിലെ കഥാപാത്രങ്ങളായ നിങ്ങൾക്ക് ഓരോരുത്തർ എന്റെ സ്വപ്നത്തിലെ കഥാപാത്രങ്ങളായാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവകാശപ്പെടാൻ എന്താണോ ഞങ്ങളാണ് സ്വപ്നം കാണുന്നത് എല്ലാവരും സ്വപ്നത്തിലുണ്ടല്ലോ അപ്പോൾ ഇതിൽ ഏതാണ് ഏകജീവൻ എന്ന് എനിക്ക് പറയാം ഞാനാണ് ഏകജീവൻ പക്ഷേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ ഏക ജീവനക്കുന്നത് അല്ല ഇപ്പം തന്നെ ചിന്തിച്ചു പോകുമ്പോൾ ഇതിന്റെ സ്വപ്നമാണെന്ന് നോക്കുക ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ എന്റെ സ്വപ്നമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞുകൂടെ എന്താണ് ഇത് പോകുന്നു നിങ്ങളുടെ സ്വപ്നമാണ് ഞാൻ അതിന്റെ കഥാപാത്രങ്ങളോ പറയുന്നത് എന്താ എനിക്ക് പറയാം നിങ്ങൾക്കും പറയും അതിനെന്താ തടസ്സം എനിക്ക് മാത്രമേ പറയൂ ഇതെന്റെ സ്വപ്നമാണ് നിങ്ങൾക്കും പറയാം അങ്ങനെയാണെങ്കിൽ ഏകജീവൻ എന്ന് പറയുന്നത് ആരാണ് ഞാനാണോ അതോ എന്നോട് ചോദ്യം ചോദിക്കുന്നതാണോ അതോ ഞാൻ പറയുന്നത് കേൾക്കുന്നതാണോ ആരാണോ അനുസരിച്ചത് അദ്ദേഹം ഈ ദേഹം നിശ്ചയിക്കാൻ പറ്റത്തില്ല ഏത് ദേഹമാണ് ഏകജീവൻ നിശ്ചയിത ദേഹത്തോടു കൂടിയതാണ് ഏകജീവൻ നിശ്ചയിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ തത്വജ്ഞാനം ഇതിന്റെ ഏത് ജീവനാണ് ഉണ്ടാകുന്നതെന്നും പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തരും പറയുകയാണ് അവകാശപ്പെടുകയും ഇപ്പം അമ്പത് പേരൊക്കെ ഓരോരുത്തരും പറയുന്നത് ഇതെന്റെ സ്വപ്നമാണ് ഇങ്ങനെയാണല്ലോ നമ്മൾ മതപ്രഭാഷത്തിൽ നിന്നും കേൾക്കുന്ന ഇതാണ് ഈ പ്രസവിക്കുന്നവരെല്ലാം പറയും ഇപ്പോൾ ഒരു സ്വപ്നമാണ് എന്താണ് നിങ്ങൾ കേൾക്കുന്നത് ഈ പറയുന്നവരെന്താ പറയുന്നത് ഇതൊക്കെ എന്റെ സ്വപ്നമെന്നാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് ഈ പറയുന്ന ആൾക്ക് ഒരുപാട് അറിവുകൾ അയാൾ പറയുകയും അയാളുടെ സ്വപ്നമാണ് എന്നാണ് നിങ്ങൾ ധരിക്കുന്നത് മൂടന്മാരായോ നിങ്ങൾക്ക് സ്വയം ധരിക്കുക എന്താണോ ഇയാൾ ഈ പറയുന്ന ആൾ പറയുന്ന സ്വപ്നമാണെങ്കിൽ എനിക്കും പറയുന്നത് സ്വപ്നമാണ് എൻ്റെയും സ്വപ്നമാണ് ഇവിടെ ഇരിക്കുന്ന അമ്പത് പേരുടെയും സ്വപ്നമാണ് എന്താ വേണം എന്ന് പറഞ്ഞ ഏതാ ഈ ഏക ജീവൻ ഈ അമ്പതിന് ഏകമാകാം അപ്പൊ ഇപ്പൊ മൊത്തത്തിൽ എന്താണോ ഒരു സ്വപ്നമാണെന്ന് പറഞ്ഞു കൺഫ്യൂഷനും ഇല്ല എല്ലാരും സ്വപ്നത്തിൽപ്പെട്ടിരിക്കുക ആരുടെ സ്വപ്നം വന്ന് ഇനി തീരുമാനിക്കുന്നു തീരുമാനിച്ചു അങ്ങനെ ഈ സ്വപ്നം തുറന്നുകൊണ്ടേ ഇരിക്കുന്നു അനാധികാരമായി ഇതില് ഈ സ്വപ്നം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നോണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇതുവരെ ആരും സ്വപ്നത്തിൽ നിന്ന് പുറത്തു ഞാൻ പറയുന്നു എന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളാരും ഞാനും സ്വപ്നത്തേക്ക് പുറത്തുപോയി നിങ്ങളുടെ ആരെങ്കിലും ഒരാളും പറയുന്നത് എന്റെ സ്വപ്നമാണ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഞാൻ ഉൾപ്പെടെ ആരും പുറത്തുപോയിട്ടില്ല സ്വപ്നത്തിൽ നിന്നും ജാഗ്രതയിലേക്ക് വന്നിട്ടില്ല സ്വപ്നമാണ് അങ്ങനെയാണെങ്കിൽ ഇതുവരെ ആരും മുക്തരായിട്ടില്ല ഇന്നുവരാരും മുക്തരായിട്ടില്ല പിന്നെ ഭാവിയിലെന്നെങ്കിലും അത് സംഭവിക്കാം സംഭവിക്കുമെന്നാണ് ഇതില് ആരെങ്കിലും ഒരാൾ തൽക്കാലം നിങ്ങളാരുമല്ലോ ഞാൻ തന്നെ ഭാവിയിൽ ഞാനെന്തെങ്കിലും എന്താവും മുക്തനാവും എന്നുവെച്ചാൽ സ്വപ്നത്തിൽ നിന്ന് ഞാൻ മുക്തനായി കഴിഞ്ഞാൽ എന്റെ സ്വപ്നം പോയി ഞാൻ ജാഗ്രത്തിന് പോയി പിന്നെ എന്റെ ഏതെങ്കിലും നിങ്ങൾ ആരെങ്കിലും പിന്നെ ഉണ്ടാവും ഭാവിയിലെന്തരുന്ന ഉത്തരവ് നിങ്ങളെ ഈ ഇതെന്റെ ഒരു ക്ലെയിമാണ് ഞാൻ ഭാവി ഈ സ്വപ്നത്തിൽ നിന്ന് പുറത്ത് കിടക്കും അപ്പൊ ഞാനില്ല നിങ്ങളുമില്ല ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാം നിങ്ങൾ പറയേ താനല്ല ഇനി പുറത്ത് വന്നു ഞാനാണെന്ന് പറഞ്ഞു കാരണം എന്താണ് ഞാൻ ഇത് എന്റെ സ്വപ്നം എന്ന് പറയുന്നതുപോലെ നിങ്ങൾക്കും തുല്യമായ അവകാശമാണ് ജനാധിപത്യമാണ് തിരികെ അവകാശമാണ് നിങ്ങൾക്കും പറയാൻ എന്താണോ ഇതെന്റെ സ്വപ്നമാണ് സ്വപ്നത്തിൽ നിന്ന് പുറത്തുപോയിപ്പോ ഞാൻ സ്വപ്നം അവസാനിച്ചു കൺഫ്യൂഷനാകുന്നുണ്ട കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ സ്വപ്നത്തിന്റെ പ്രശ്നമാണ് ഞാൻ പറയുന്നതിന്റെ പ്രശ്നമാണ് അപ്പോ ഭാവിയിൽ എന്തെങ്കിലും എന്ത് ചെയ്യും ഈ ഏക ജീവൻ മുക്തനായി അത് ഞാനാണോ ഇല്ല നിങ്ങളുടെ ആരെങ്കിലും ആണോ ആരാണെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എന്തുകൊണ്ട് ഓരോരുത്തരും അവകാശപ്പെടുകയേണ്ടത് എന്റെ സ്വപ്നമാണ് അപ്പൊ പിന്നെ ആരാ ഭാവി മുക്തനാണ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ആണ് മുക്തരാകളെ നിങ്ങൾ പറയും അതോടുകൂടി ഈ സ്വപ്നം അവസാനിച്ചു ആ സ്വപ്നത്തിൽ ഞാനും ഇല്ല നിങ്ങളാരും ഇല്ല മുക്തിക്ക് ബ്രഹ്മം മാത്രമേ ഉള്ളൂ അവ്യത്യാസബളമായിരിക്കുന്ന ജീവനാണ് മുക്തനാകുന്നത് മായ ബ്രഹ്മം മാത്രം അതുകൊണ്ട് എന്താണോ പുരാളഈ മുക്തിയെ കുറിച്ച് പറയുമ്പോ നമ്മുടെ ഈ ശാസ്ത്രങ്ങൾക്ക് എപ്പോഴും പറയുന്നത് ശുഖപാമദേവദികൾ അവരെ മാത്രമേ മുക്തന്മാരായി എങ്കിൽ ശാസ്ത്രപ്രമാണം അനുസരിച്ച് എനിക്കും ഇടയ്ക്ക് പറയാൻറ്റൊരു മുക്തനായിരുന്നു അത് നമ്മുടെ ശാസ്ത്രജ്ഞ പ്രമാണം മുക്തന്മാർക്ക് പ്രമാണം അവരാണ് ശുകയെ അവരാണ് മുക്തർ അവരാരും ഇതുവരെ മുക്തരായിട്ടില്ലെന്നും നമ്മളീ പറയുന്നത് അവരാരെങ്കിലും മുക്തരായിരുന്നു എങ്കിൽ ആ മുക്തനായതുകൊണ്ട് സ്വപ്നമായിരുന്നു എന്ന് ഈ ഇതെല്ലാം അതന്നെ അവസാനിച്ചു ബ്രഹ്മ ഈ സ്വപ്നം ഇന്നും തുടരുന്നു നമ്മൾ ആരുടെ സ്വപ്നമായാലും ശരി സ്വപ്നം ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഇതുവരാരും മുക്തരായിട്ടില്ല ഇന്നുകൊണ്ടല്ലോ ഗുരുവുണ്ട് ശാസ്ത്രമുണ്ട് ശിഷ്യനുണ്ട് മുക്തിയെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട് ഇവിടെ ആകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഈ സ്വപ്നത്തിൽ ജനന മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അനാദികൾ അതേ സംഭവിച്ചിരുന്നു അല്ല ആർക്കും മുക്തി സംഭവിച്ചു അപ്പൊ പിന്നെ ശുഖവാമദേവദികളുടെ മുക്തിയെക്കുറിച്ച് പറഞ്ഞതോ അതൊക്കെ അർത്ഥമാകും അവർക്ക് വലിയ ശേഷിയുള്ള കഴിവുള്ള വിഷന്മാരെ അവരെ പ്രസ്തുതിക്കാൻ വേണ്ടി പറഞ്ഞവർ പിന്നെ ഞാൻ പറയുന്നു എന്റെ ഗുരു മുക്തനായോ അതും എൻ്റെ ഒരു ആഗ്രഹം എന്റെ ഗുരുവിനും അങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഞാൻ മുക്തനാണ് നിങ്ങളന്ന് ബദ്ധരാണ് എന്ന് പറയാൻ പറ്റില്ല പിന്നെ ശാസ്ത്രവും വിദ്യയൊക്കെ അത് ശാസ്ത്ര വിജയത്തിൽ പരമ്പരീതികൾ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് കേളിത് ഇതുവരെ ആരും മുക്തരാഴ്ച പക്ഷെ എന്തെങ്കിലും ആകും എന്തുകൊണ്ട് സ്വപ്നം എന്ന് പറയുന്നത് സ്വയം നിവർത്തിച്ചേ മതിയാവും എന്തായാലും മാറിയോ അതുകൊണ്ട് മുക്തി ഏതോ ഒരു ജീവനിലും മുക്തി സംഭവിക്കും ആ ഭാഗ്യവാൻ കോടിപതി ആരാണെന്ന് അറിയാൻ പറ്റില്ല ഒരാൾക്ക് ലോട്ടറി ഒരാളും മുക്തനാവും എല്ലാം അവസാനിക്കും എല്ലാം ബ്രഹ്മം മാത്രം പിന്നെ ചോദിക്കാൻ ഒക്കത്തില്ലോട് ചോദ്യമില്ല ഉത്തരം പറയാനാളില്ല ചോദ്യം ഇല്ല ഗുരുവില്ല ശിഷ്യനില്ല എങ്ങനെയാണോ നമ്മൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് ജാഗ്രതയിലേക്ക് വരുന്നത് അപ്പൊ സ്വപ്നം പൂർണ്ണമായും പോയി സ്വപ്നമേ ഇല്ല അതുപോലെ അത് ഏത് ഭാഗ്യവാനാണെന്ന് പറയാൻ പറ്റും സുഖ മാമലേ യുഷന്മാർക്ക് പോലും കിട്ടാത്ത ഭാഗ്യം ഏതോരത്തിനുണ്ട് ഭാവി ഇതും അദ്വൈതിയോട് പറയുന്നതാണ് ഇങ്ങനെ ഒരു സിദ്ധാന്തത്തിലേക്ക് അവരെ കൊണ്ട് ചാടിച്ച ഇതുപോലെയുള്ള ദ്വീതികളും ഇഷ്ടാദ്വീനികളും ഒക്കെ ആണ് കാരണം അദ്വൈതത്തിൽ നിരവധി പ്രശ്നങ്ങളും അവർ ചർച്ച എടുക്കും ഇപ്പൊ നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോയാൽ ശരിയാകത്തില്ല അപ്പോ എന്താണ് പല പ്രശ്നങ്ങളൊന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള അദ്വീതി അവസാനം ഏക ജീവവാദത്തെ സ്വീകരിച്ചല്ല വെറുതെ ഇങ്ങനെ പറയുന്ന സംഗ്രാ കാല ശേഷം അദ്വൈനത്തിന് നേരെ നിരന്തരമായ ആക്രമണമാണ് ഉണ്ടായത് ആക്രമണം എന്ന് വെച്ചാൽ ബൗദ്ധികമായ ആക്രമണം ഇതിനെ നേരിടുന്നതിന് അദ്വൈത അദ്വൈത പരമ്പരയിലുള്ളവരെ നിരന്തരമായി പല പരിഷ്കാരങ്ങൾ നൽകിക്കൊണ്ടേ അതാണ് ഈ വ്യാഖ്യാന പ്രപഞ്ചം അങ്ങനെ അവര് കണ്ടുപിടിച്ച പല കുറുക്ക് വിദ്യകളിൽ ഒന്നാണ് ഏകജീവബോധം തർക്കത്തിലൂടെ സ്ഥാപിക്കുന്ന ഒരു സിദ്ധാന്തത്തിനും തർക്കത്തിന്റെ മുമ്പിൽ പിടിച്ച് പറ്റത്തില്ല എല്ലാം തകർന്നടി വീണ്ടും കെട്ടിപ്പോക്ക് വീണ്ടും തകർന്നടി അങ്ങനെ പോകാനേ പറ്റും അദ്വൈതത്തിന് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് ഇങ്ങനെ രേഖിക്കുകയോ ആകുന്നത് അത് ആദ്യം അടുത്തത് അതാ പറയുന്നത് നമ്മളെയും കരുതുന്ന പോലെ എന്താണോ ആരുടെ ഒക്കെ അനുഭൂതിയാണോ ഇതൊക്കെ ആർക്കും അവകാശം അങ്ങനെയൊന്നും അദ്വൈതീക്കാൻ പറ്റി അദ്വൈതം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തരൂപത്തിൽ നിലവിലുള്ള ശാസ്ത്ര ചർച്ചകളിൽ അതിനെ അതിജീവിക്കുന്നുള്ളതിനെ പറ്റും മറ്റത് നിലനിൽക്കുന്നത് അദ്വൈതം നമ്മള് മനസ്സിലാക്കിയിരിക്കുന്ന അദ്വൈതം നിലനിൽക്കുന്ന മനുഷ്യന്റെ ആനന്ദമായ വിശ്വാസങ്ങളാണ് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഞാനൊരു അദ്വൈതിരിയാണോ ഇപ്പൊ നിങ്ങൾ പറയത്തില്ല പണ്ട് പറയുമായിരുന്നു അങ്ങനെ പറയുന്നത് നിങ്ങളുടെ അന്ധമായൊരു വിശ്വാസമാണ് ഞാൻ ആരാണെന്ന് എനിക്കെന്ത് അറിയുന്നു നിങ്ങൾക്ക് ഇവിടെ പറയാൻ എന്താണ് ഞാനൊരു കടുത്ത അദ്വൈതിയാണ് കടുത്ത കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ കടുത്ത അദ്വൈതിയാണെന്ന് പറയും അതെന്താണ് നിങ്ങളുടെ അന്ധമായ വിശ്വാസമാണ് അങ്ങനെ നിൽക്കുന്ന ഒന്നെന്താ അത് സമർത്ഥിക്കേണ്ടി വരും ഭാഷകാരൻ ഇത്രയും ഭാഷകളും ഇതാണ് ദ്വീരം എന്താണ് തസ് ഏകസീവ അനിശ്ചിത ദേഹവിശേഷ സ്ഥിതി അപ്പൊ സ്വപ്നമാണല്ലേ അത് ഇവിടെ എന്താണ് തസ് ഏകസീവ സ്വപ്ന ദൃഷ്ടാവായി ഗൗരവം തന്നെയാണ് പക്ഷെ അനിശ്ചിതദേഹവിശേഷസ് നിശ്ചിതമായി ഇന്ന ദേഹത്തിൽ ആ ജീവൻ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല അതാണ് അനിശ്ചിത ഏത് ദേഹത്തിലാണ് ആയ ജീവൻ എന്ന് പറയാൻ കഴിയത്തില്ല എന്ന് വെച്ചാൽ ഇപ്പൊ അത് എന്റെ ദേഹത്തിനാണെന്ന് ഞാൻ പറയും നിങ്ങൾ ഓരോരുത്തരും പറയും എന്താണോ ഞങ്ങളുടെ ദേഹത്തിനാണെന്ന് അതാണ് പറഞ്ഞിരിക്കുന്നത് അനിശ്ചിത ദേഹവിശേഷം അതൊരു വിശേഷ ദേഹത്തിനേക്കില്ല അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ആ നിർണീതകാലേന ഭവിഷ്യത എന്നാണോ ഇയാൾ മുക്തനാകുന്നതെന്ന് പറയാൻ പറ്റില്ല ആ നിർണീതകാലം കാലം നിശ്ചയം ചെയ്യാൻ പറ്റില്ല ഭാവിയിലെന്നോണെന്ന് പറയാം ഭാവിതെന്നോ അത് സംഭവിക്കുവാനും അത് മുക്തി ആർക്ക് ആ ജീവൻ ജീവനാൽ തീരുമാനിക്കാൻ പറ്റത്തില്ല അതാണ് അനിർണ്ണീത കാലയിലാണ് ഭാവിയില ഏതോ ഒരു കാലം അത്തൊരു തത്വജ്ഞാന ജാഗരീയ തത്വജ്ഞാനം ഉണ്ടായ വളരുന്നു ഇവിടെ സ്വപ്നത്തിൽ നിന്നും നമ്മൾ പറയും ജാഗ്രതയുണ്ട് ഇവിടെ തത്വജ്ഞാനമാണ് ഉണർ ഈ യുജയുവാദ സൃഷ്ടത്തിന്റെ പലരും ചേർത്ത് തത്വജ്ഞാനമാവുന്ന ജാഗ്രതത്തിലേക്ക് വന്നിട്ട് സമസ്തപ്രപഞ്ചവും എപ്പോഴാണ് ഏകദേശം തത്വജ്ഞാനം ഉണ്ടാകുന്നത് എന്നിട്ട് സ്വപ്നപ്രപഞ്ചം സ്വപ്നപ്രപഞ്ചാധ്യത സ്വപ്നപ്രപഞ്ചത്തെ പോലെ അത് ബാധിക്കപ്പെടുന്ന അപ്രത്യക്ഷമാണോ കേവലം ബ്രഹ്മം മാത്രം ശേഷിയില്ല നമ്മുടെ ബാധ എന്ന് പറഞ്ഞാൽ അസത്യം ഒന്നും മനസ്സിലാക്കുക എന്നുള്ളതല്ല പിന്നെ സ്വപ്നം ഇല്ല സ്വപ്നത്തിന്റെ ബാധ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത് സ്വപ്നം ഇല്ലാതാവും സ്വപ്നത്തിന്റെ പ്രപഞ്ചം ഇല്ലാതാവും സ്വപ്നാനുഭവം ഇല്ലാതാവും സ്വപ്നം കാണും സ്വപ്ന വിഷയങ്ങളും ഇല്ലാതാവും സ്വപ്ന പ്രപഞ്ചവത് ബാധ്യത അപ്പൊ ശരിക്കും മുക്തി എന്ന് പറയുന്നതാണ് ്രഹ്മത്തിന്റെ സ്വപ്നമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ ആ സ്വപ്നം അവസാനിക്കുന്നത് അപ്പോ പ്രപഞ്ചം അവസാനിച്ചു പിന്നെ ബ്രഹ്മം മാത്രമേ അത് ഒരിക്കലും അബദ്ധത്തിൽ പോലും എന്താണ് ഇതെല്ലാം സ്വപ്നമാണെന്ന് കയറി പറയുന്നു പറഞ്ഞാൽ വലിയ പലരും ഈ മതപ്രഭാഷണത്തിന്റെ ആവേശം കൂടി പറയുക എന്താണ് ഞാനിതൊക്കെ ഒരു സ്വപ്നം പോലെയാവാം ഏലും പറയാം ലോകി പറയാ എന്താണോ സ്വപ്നം എങ്ങനെയാണോ അസത്യമായിരിക്കുന്നു അതുപോലെ ജഗത്വം അസത്യമാണ് എന്നെല്ലാം പറയാം എന്തുകൊണ്ടും അത് ഇത് അസത്താന്നതാണ് പക്ഷെ ഇത് സ്വപ്നമാണെന്ന് പറഞ്ഞാൽ പ്രശ്നം സ്വപ്നമാണെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം ആ ഇതുവരെ ആർക്കും മുക്തി ഉണ്ടായിട്ടില്ല ഗുരു മുക്തനല്ല എന്നൊക്കെ പറയേണ്ടി വരും നമുക്ക് സ്വപ്നമെന്നൊന്നും പറഞ്ഞില്ല പക്ഷെ നിങ്ങൾ നോക്കാം യൂട്യൂബ് സ്വാമിമാരെല്ലാം പ്രസംഗിക്കുന്നവർക്കും എല്ലാരും പറയുന്നത് സ്വപ്നമാണ് ആൾക്കാരൊക്കെ ഇത് കൈയടിച്ച് വാസാക്കുന്നത് സ്വപ്നമാണ് മനസിലായത് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഒന്നാണ് ഈ പറയുന്നവൻ അജ്ഞാനിയാണെന്നാണ് സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്താണ് പറയുന്നവൻ അജ്ഞാനിയാണ് അത് അംഗീകരിക്കും ഈ പറയുന്നവന്റെ ഗുരു അജ്ഞാനിയാണ് സുഖവാമദേവികളെല്ലാം എന്താണ് അജ്ഞാനികളും ആർക്കും മോക്ഷമുണ്ടായിട്ട് അതുകൊണ്ട് സ്വപ്നം എന്ന് പറയുന്നത് പക്ഷെ ഇതും ഒരു സിദ്ധാന്തമാണ് അധ്വീനത്തിനൊരു പ്രക്രിയ ഈ പറയുന്നത് വച്ചുകൊണ്ട് ഇവിടുത്തെ വിഷയത്തെ ചർച്ച ചെയ്യുക ഇത് മനസ്സിലാക്കി മുമ്പോട്ട് പോകാം നല്ല സ്ഥൈവ അനിശ്ചിതദേഹ വിശേഷ സ്ഥിതി ഏകനാണ് ജീവൻ ഏത് ദേഹത്തിനാണ് ജീവിക്കുന്നതിനോട് ഉറപ്പില്ല അനീതകാല ഭവിഷ്യത ഏത് കാലത്താണ് മുക്തി എന്നാണ് അതിനോട് ഉറപ്പില്ല തത്വജ്ഞാന ജാഗ്രത അയാളുടെ തത്വജ്ഞാനം ഉണ്ടാകുന്നു അതാണ് അയാളുടെ ജാഗ്രത് അസമസ്ത പ്രപഞ്ചവും ഈ പറഞ്ഞ സമസ്ത പ്രപഞ്ചവും സ്വപ്നപ്രപഞ്ചവും ബാധിക്കുകയും സ്വപ്ന പ്രപഞ്ചം പോലെ എല്ലാം ബാധിക്കപ്പെടും അസ്തമിക്കുന്നവരെ സൂര്യനെ അസ്തമിക്കുന്ന പോലെ പ്രപഞ്ചവും അസ്തമിക്കും ഇതിനെ സംബന്ധിച്ച് നമ്മുടെ വേദാന്ത ചില സംശയങ്ങളുണ്ട് അതിന് കൃത്യമായി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം പരാജയപ്പെട്ടു ചോദ്യ ആദ്യത്തെ ചോദ്യം തത്ര അയം ഉപദേഷ്ടോവ ചോദ്യം മനസ്സിലായത് ഒരിക്കൂടായി തത്ര അയ ഉപദേഷ്ടേവാദിഗുരു സൈവ തദ്ധൃഷ്ടോവ മനസ്സിലായത് കേട്ടല്ല എന്താണ് മനസ്സിലായോ യാത്ര ഞാൻ വെടിനെ ചോദിച്ചു എനിക്കറിയാൻ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാലും ഒരു ഭംഗിയൊക്കെ വേണമല്ലോ അതിനുവേണ്ടി ചോദിച്ചു അങ്ങനെ പറയാൻ പറ്റും നിങ്ങൾ ഇവിടെ വന്നിരിക്കേണ്ട കാര്യമോ എന്റെ ആവശ്യമുള്ള നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത്ര എളുപ്പമാണ് സിമ്പിള അതായത് ഇനി തിരിച്ച് എന്റെ സ്വപ്നമാണ് ഞാനാണെങ്കിലും നിങ്ങളെല്ലാം ശേഷിയുമാണ് ഞങ്ങളുടെ സങ്കല്പത്തിലാണെങ്കിലും ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയലുണ്ട് ഞാൻ ഗുരു എന്ന് പറഞ്ഞു ഇത് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇവിടെ ചോദിക്കുന്നത് ഇവിടുത്തെ ഗുരു എന്ന് പറയുന്നത് ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനാണോ അതോ ഈ സ്വപ്നത്തിൽ എന്റെ സ്വപ്നത്തിൽ ഞാൻ കൊണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാരെങ്കിലും ഒരാളോ ആരാണ് ഇവിടുത്തെ ഗുരു ഇപ്പൊ മനസ്സിലായത് ഇവിടുത്തെ ശ്രീകൃഷ്ണനും അമ്മരെയും വിടുക ഒരു ഗുരുവിനീ ശിഷ്യനെടുത്തു എന്നിട്ട് ഇത് എന്റെ സ്വപ്നമായിട്ട് എടുക്കുകയാണ് അവിടെ പറയുന്നത് അപ്പൊ അവിടുത്തെ ഗുരു എന്ന് പറയുന്നത് ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനാണോ അതോ എന്റെ സ്വപ്നത്തിലെ കഥാപാത്രങ്ങളായ നിങ്ങൾ ആരെങ്കിലും ആണോ ആരാണ് ഇവിടുത്തെ ഗുരു അങ്ങനെ ചോദിക്കുന്നതെന്നുണ്ട് കാരണം ഈ ഓരോരുത്തർക്കും അവകാശപ്പെടാം ഇതെന്റെ സ്വപ്നമാണ് ഇതെനിക്ക് മാത്രങ്ങളെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പൊ സ്വപ്നം ദൃഷ്ടാവ് എന്ന് പറയുന്നത് ഞാനാ നിങ്ങളുടെ ആരുമാകും നിങ്ങളാരാണ് സ്വപ്നം ദൃഷ്ടെൻ്റെ ഒരു തദ്ധൃഷ്ഠ തേനധിഷ്ഠാൻ തദ്ധൃഷ്ഠ തേനധിഷ്ഠ അപ്പൊ എന്റെ സ്വപ്നമാണെങ്കിൽ തദ്ഷ്ടനാണോ നിങ്ങളുടെ ആരെങ്കിലും കണ്ടോ എന്ന് വെച്ചാൽ തേന ദൃഷ്ട എല്ലാ കണ്ടത് ഇതിൽ ആരാണ് ഞാനാണോ ഇവിടെ ഇരുന്നു ഇത് പറയുന്നു ഈ സ്വപ്ന ദൃഷ്ടാവും ഞാനാണോ നിങ്ങളുടെ ഇതാണ് ചോദ്യം തത്രായ ഉപദേഷ്ട വാസുദേവായും ഗുരുവെന്ന് ഗുരുന്ന് പറയുന്നത് സപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഞാൻ തന്നെയാണോ അതോ തദ്ഷ്ട അതോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആരെങ്കിലും ആണോ തദ്ദിഷ്ഠേനധിഷ്ട അത് ആ വരിവായി കൃത്യമായി അതിന്റെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തെറ്റത്തില്ല എന്തെങ്കിലും മറന്നു ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമെങ്കിൽ അവിടെ എന്താ കഴിഞ്ഞിരിക്കുക എന്നാണ് മനസ്സിലാവും നമുക്ക് എന്താണോ എപ്പോഴും ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ടായി ആരും മനസ്സിരിക്കത്തില്ല എന്റെ മനസ്സിലായിരിക്കില്ല നിങ്ങളെ മനസ്സിൽ പിന്നെ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇത് മനസ്സിലാവും അതേപോലെ വഴിയുള്ള ഇത് കുറച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു കാര്യം ഉണ്ടാവും ഇത് വായിക്കുമ്പോൾ മനസ്സിലാകാം എന്നുള്ളതെ നമ്മളെ സംബന്ധിച്ച് സാധിക്കും അപ്പോ ഇത് വായിച്ചു നോക്കുമ്പം മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും അല്ല കേൾക്കുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല മനസ്സിലായാലും നിങ്ങൾ കേട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ല വായിച്ചെന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതുകൊണ്ട് അവിടെ നോക്കുന്നു എന്താണ് തത്രാലീവത്തിൽ അയോധ്യഷ്ട ഗുരു ഉപദേഷ്ടാവ് ഇവിടെ ശ്രീകൃഷ്ണനാണ് ഗുരു ഗുരുവായിട്ട് ആരോ അറിഞ്ഞോട്ടെ സൈവ ആ ഏക ജീവനാണോ എന്ന് സ്വപ്നം കാണുന്നവനാണോ തദ്ഷ്ടവോ അതോ അവൻ കാണുന്ന സ്വപ്നത്തിൽ ഒരു കഥാപാത്രമാണോ ഗുരു മനസ്സിലായത് ഇതൊരു പക്ഷം ഇനി അടുത്തു ഇനി ഗുരുവിനെ പൂർണ്ണമായും മനസ്സിൽ മറന്നു കളയണം ഗുരുവിനെ അങ്ങോട്ടേക്ക് ശിഷ്യനേടും ഗുരുപോയി ഇനി ഗുരുവിനെ മനസ്സിലാക്കണം അന്വേഷണം ശിഷ്യനേടും ശിഷ്യുക്ക് അർജുനാദി സൈവ തന്ഷ്ടിഷ്യനേട് ഈ ശിഷ്യനെന്ന് പറയുന്നത് ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനാണോ അതോ ഞാൻ കാണുന്നതിലെ ഒരു കഥാപാത്രമാണ് ഈ ചോദ്യം നടക്കും വിചിത്രമായി തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഏക ജീവവാദം മനസ്സിലായില്ല എന്നാണ് ഏകജീവവാദം മനസ്സിലായാൽ ഇങ്ങനെ ചോദിക്കും കാരണം എന്തുകൊണ്ടാണ് ഈ ഏകജീവൻ ആരാണെന്ന് പറയുന്നത് കൊണ്ട് അവരെ ഉറപ്പുമില്ല ഞാനാവാം നീ അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത് ഗുരുവിന്റെ കാര്യം പെട്ടെ ശിഷ്യൻ ഇപ്പൊ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഈ ഞാനാണോ ശിഷ്യൻ അതോ എന്റെ സ്വപ്നം എന്റെ സ്വപ്നത്തിലെ ഒരു കഥാപാത്രമായ അങ്ങനെയാണോ ശിഷ്യൻ എന്തായാലും ഈ ഏക ജീവനിലേക്ക് തന്നെ വരേണ്ടി വരും ഗുരുവായാലും ശിഷ്യനായാലും അതുകൊണ്ട് ഏകജീവ അനുസരിച്ച് ഈ ചോദ്യം വളരെ കറക്റ്റ് അതാണ് പറയുന്നത് ശിഷ്യോക്ക് അർജുനാണ് ഈ ശിഷ്യന്റെ ഭാഗത്തേക്കാം അർജുന ആരോ ആയിക്കോട്ടെ ശിഷ്യൻ ചെയ്യുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഏകനായ ജീവനാണോ സയവ എന്നിട്ട് ഈ ഞാനാണോ എന്റെ സ്വപ്നമാണോ തദ്ഷ്ടോ അതോ എന്റെ സ്വപ്നത്തില് എന്റെ മുമ്പിൽ ഇരിക്കുന്ന കഥാപാത്രമാണോ ആരാണ് ശിഷ്യൻ അപ്പൊ ഗുരുവിനെ സംബന്ധിച്ചൊരു ചോദ്യം ശിഷ്യനെ സംബന്ധിച്ച് ഒരു ചോദ്യം അത് ഗുരുവിനോട് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് രണ്ടുപക്ഷം ശിഷ്യനെ കുറിച്ചുള്ള ചോദ്യത്തിന് രണ്ടുപക്ഷം ഗുരുവിനെ കുറിച്ചുള്ള ചോദ്യത്തിന് രണ്ടുപക്ഷം ഒന്ന് സ്വപ്നം കാണുന്നവനാണോ ഗുരു അതോ സ്വപ്നത്തിൽ കാണുന്നവനാണോ ഗുരു ശിഷ്യനെ സംബന്ധിച്ചുള്ള ചോദ്യം ഇതാണ് സ്വപ്നം കാണുന്നവനാണോ ശിഷ്യൻ സ്വപ്നത്തിൽ കാണുന്നവനാണോ ശിഷ്യ ഇതൊക്കെ ചിന്തിക്കണ്ടേ ഇവിടെ ഇതേയൊക്കെ ജീവകാതെന്ന് പറഞ്ഞു നാട്ടുകാരുടെ അടുത്ത് മുഴുവൻ സ്വപ്നം സ്വപ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് കിടന്നാ മതിയോ ഏ ഒത്തിരി കിർക്കന്മാരങ്ങള് പറഞ്ഞുകിടക്കുന്നു ഞാൻ കഴിച്ചോണ്ട് എന്താണ് ഇതൊക്കെ സ്വപ്നമാണ് ഞങ്ങൾക്ക് ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നതൊക്കെ വെറും വെട്ടിത്തോണെന്ന് പറഞ്ഞാൽ നമ്മളെ അടിക്കാനില്ല എന്നാ ഇവർക്കൊരു പ്രശ്നമില്ല എന്തോ എല്ലാ സ്വപ്നമാണ് ഒരിക്കലും ഒരാൾ എന്നോട് ഇങ്ങനെ ഇതൊക്കെ സ്വപ്നമാണ് ഇപ്പഴ വടക്കേന്ത്യൊക്കെ കടുത്ത ഇത് ഇതൊന്നും ശരിയായി മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ അയാൾ എന്നോട് പറഞ്ഞു ഇതൊക്കെ സ്വപ്നമാണ് ഞാൻ അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞ് ഞങ്ങൾക്ക് കൃക്കാണ് പറഞ്ഞത് മലയാളികളെ അയാൾ എന്നോട് എന്ത് കാണിച്ചോളന്ന് എനിക്ക് നിങ്ങളോട് പരിസ്ഥിതി പറയാൻ കൊള്ളപ്പെട്ട മനസ്സിലായി പിന്നെ അന്ന് അയാളെ കാണാൻ എനിക്ക് ആരോഗ്യമുള്ളത് കൊണ്ട് എന്നെ അടിക്കാൻ ധൈര്യപ്പെട്ടില്ല അന്ന് എന്താണെങ്കിലും പാടി ഇതൊക്കെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അതൊരു കെക്കാണ് ചേട്ടത് പറഞ്ഞുകൊണ്ടിങ്ങനാണ് അതുപോലെ വേറെടുത്ത് ചെന്നൈ ഞാൻ കുറച്ചു നേരം ചെന്നൈയിൽ താമസിച്ചു അവിടെ ഇരിക്കുന്ന ഒരാൾ ഈ തമിഴ്നാട്ടിൽ വേദാന്തി കടുത്ത വേദാന്തികൾ ഒരുപാട് സാധാരണ മനുഷ്യർ അദ്ദേഹം അങ്ങനെ നമ്മളെപ്പോലെ ഈ സന്യാസ പ്രൊഫഷനെന്നുള്ളവരല്ല സാധാരണ ഞാനൊരു ഹോട്ടലും പോരാണെങ്കിൽ എന്റെ അടുത്ത് വന്നിരുന്നു പറയില്ല അദ്ദേഹം കാരണം ആ നാട്ടിൽ ആരും പറയാൻ പറ്റില്ല പറഞ്ഞവര് പറയാർക്കാണോ എന്റെ അടുത്ത് വന്നിരുന്നു പറയില്ല ഒക്കെ സ്വപ്നമാണ് സഹികളിൽ ഞാൻ പറഞ്ഞത് ആണോ അയാളും രക്ഷപ്പെട്ടത് പതിനാട്ടുകാരനാണ് അവരോട് പോയ ഒരു സന്യാസിന്റെ ഇത് പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ എന്ത് സന്യാസം ഇതാണോ സന്യാസം അതിന് സന്യാസിന്നും നമ്മൾ ഇതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത് എന്നാ പറയുന്നത് സഹിരട്ട് പറഞ്ഞു പോയത് ഈ രണ്ടുപക്ഷം ഒന്ന് സ്വപ്നം കാണുന്നവനാണോ പിന്നെ പൊതുവെ സ്വപ്നത്തിൽ കാണുന്നവനാണോ കുരു സ്വപ്നം കാണുന്നവനാണോ പൊതുവെ സ്വപ്നത്തിൽ കാണുന്നവനാണ് ഏകജീവനുസരിച്ച് ഈ ചോദ്യങ്ങൾക്ക് പ്രസക്തി ശരിയാണ് കാരണം ഏകജീവൻ ആരുമാകാം ഗുരുവാകാം ശിഷ്യനാകാം സ്വപ്നം കാണുന്നവനാകാം സ്വപ്നത്തിൽ കാണുന്നവനാകാം സ്വപ്നത്തിൽ കാണുന്നതെന്ന് സ്വപ്നത്തിലെ കഥാപാത്രം ഇത് ബോറടിക്കുന്നുണ്ടോ എന്നാലും പത്ത് ഇരുപത് അന്നേരം കേട്ടോട്ടിടുന്നേ ഇരുപത് മണിക്കൂറും ബോറടിക്കട്ടെ എന്താ പറ സ്വപ്നം എന്ന് പറയുന്നത് സ്വപ്നം സ്വയം നിവർത്തിക്കും അല്ലാതെ നിവർത്തിക്കുന്ന സന്ദർഭങ്ങളുടെ പറയും പക്ഷെ ഏകജീവവാദത്ത് അത് നിവർത്തിക്കണമെങ്കിൽ തത്വജ്ഞാനം വേണം സ്വപ്നം ദൃഷ്ടാന്തമായിട്ട് എടുക്കുമ്പോൾ സ്വപ്നം സ്വയം നിവർത്തിക്കുക അല്ല നിമിത്തങ്ങൾ കൊണ്ട് നിവർത്തിക്കുക അതിൻ്റെ പറയും ഏകജീവവാദിക്ക് സ്വപ്നം ഇതിനെ സ്വപ്നമായിട്ട് എടുക്കാൻ നിവർത്തിക്കണമെങ്കിൽ എന്ത് വേണം തത്വജ്ഞാനം എന്നുവെച്ചാൽ സ്വപ്നത്തിലും സ്വപ്നത്തിലെ ശിഷ്യന് സ്വപ്നത്തിലെ തത്വജ്ഞാന സ്വപ്നത്തിൽ ഉപദേശിച്ചു സ്വപ്നം നിർത്തി അതെല്ലാം സ്വപ്ന സ്വപ്നമായ മനസ്സിലായി ഈ പക്ഷത്തിൽ ഇതിന് ഈ പറയുന്ന അതില് എന്താണ് ആദ്യപ്പെട്ട എന്താണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് ഗുരു എന്നുള്ള പക്ഷത്തിലാണ് ഇവിടെ രാമാനുജാചാര്യൻ ഭാഷ്യത്തിൽ പറഞ്ഞു കിഞ്ചോ കിഞ്ച ഗുരുമവിജ്ഞാന സ്വപ്നം കാണുന്നവനാണ് ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗുരുവിന്റെ സ്വപ്നം കാണുന്നവൻ്റെ അദ്വിതീയമായ ആത്മവിജ്ഞാനമുണ്ട് ബ്രഹ്മജ്ഞാനകാരീശ്വഷ്ടത്തുവാ എന്തെങ്കിലും ബ്രഹ്മജ്ഞാനവും അതിന്റെ എല്ലാ കാര്യങ്ങളും നശിച്ചു കഴിഞ്ഞാൽ ശിഷ്യം പ്രതി ഉപദേശവും നിഷ്പ്രയോജന എന്നാൽ ശിഷ്യനെ ഉപദേശിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും എന്തുകൊണ്ട് അത് വേദാന്ത ദേശങ്ങൾ വിശദീകരിക്കുന്നു ശിഷ്യ ആചാര്യം അജ്ഞാനത്തിന്റെ കാര്യമാണത് ശിഷ്യത്വം ആചാര്യത്വല്ലാം കൊണ്ടാണ് ഇതെല്ലാം സ്വപ്നത്തിലാണ് സ്വപ്നത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതെല്ലാം എന്തുകൊണ്ട് അജ്ഞാനം കൊണ്ട് അവിടെ ശിഷ്യനുമില്ല ആചാര്യനുമില്ല എപ്പോ ബ്രഹ്മ അദ്വിതീയാഗ വിജ്ഞാനം വന്നു കഴിഞ്ഞാൽ അവിടെ ഗുരുവിൻ്റെ ശിഷ്യനുണ്ട് പാണ്ഡുഗ്യത്തിലൊക്കെ പറയുന്നു ഗുരുവിടെ നൈവ ശിഷ്യവിടെ പറയുന്നു ഇതൊക്കെ എന്താണോ ഉപദേശം നിഷ്പ്രയോജനവും എന്തോന്ന് പറയുന്നു അതിന്റെ വ്യാഖ്യാനത്തിൽ നോക്കുക തേന ഉപദേഷ്ടഭാവ ഉപദേഷ്ടാവില്ല സ്വപ്നം കാണുന്ന പിന്നെ ഉണ്ട തത്വവിജ്ഞാനം പോകുന്ന സ്വപ്നം എന്ന് വെച്ചാൽ സ്വപ്നം കാണുന്നുണ്ടെന്ന് സ്വപ്നം കാണുന്ന ഗുരു ആ ഗുരു ജിജ്ഞാസയോടുകൂടി വന്നു ഗുരുവിനോട് ചോദിച്ച ശിഷ്യനുണ്ടോ ഇല്ല സ്വപ്നത്തിനാണ് സ്വപ്നം പോയി പിന്നെ പിന്നെ ഉപദേശ ഉപദേശത്തിന് വേണ്ട പരികരം അനുബന്ധമായ കാര്യങ്ങൾ ചുറ്റുപാടുകൾ സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ ഗുരുവിന്ദ്രഹ്മനായിരിക്കും ശിഷ്യന് ശമതമാറി ഗുണങ്ങൾ വേണം സാധന ചതുഷ്ഠയെ ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം പോയി എന്തുകൊണ്ട് ഗുരുവാണ് സ്വപ്നം കാണുന്നവൻ തത്വജ്ഞാനം ഉണ്ടായി ഗുരുവിനാണ് തത്വജ്ഞാനം ഉണ്ടാകുന്നത് സ്വപ്നം നശിച്ച് പിന്നെ ഇവിടെ ജഷ്യൻ പിന്നെ ഇവിടെ ഗുരു പിന്നെ ആരാർക്കും ഉപദേശിക്കുന്നു സ്വപ്നം ബാധിച്ചതുപോലെ പോലെ തന്നെ എന്ത് ചെയ്തു എല്ലാം പോയി അപ്പോൾ ഉപദേശം നെസ്റ്റാണ് അതുകൊണ്ട് യാതൊരു പ്രയോജനം വരും അങ്ങനെ ഒരു സംഭവിക്കില്ല അർത്ഥം അവിടെ പറയുന്നത് അപ്പൊ ഒരാൾക്ക് ഏകജീവിതമനുസരിച്ച് ഈ സ്വപ്നം കാണുന്നവനാണ് ഗുരുവെങ്കിലും എന്താണ് തത്വജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോ എല്ലാം പ്രപഞ്ചമേ പോയിന് ഉപദേശം നിർത്ഥമാണ് മനസിലായ ആദ്യത്തെ പക്ഷം ലോക്നം കാണുന്നവരാണ് എന്നുള്ള പക്ഷത്ത ശരിയാണ് ഇത് സാധാരണ നമ്മൾ കേട്ടു വരുന്ന ഈ മതപ്രഭാഷണം കേട്ടു വരുന്ന ബ്രഹ്മജ്ഞാനം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പറയുന്നത് തെക്ക് ചെയ്യോയി ആൾക്കാരൊക്കെ ചിന്തിക്കാതെ ഈ ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ചിരുന്നതാണ് അവിടെയൊക്കെ അവർ പറയുന്ന ഈ അബദ്ധം തന്നെയാണ് നിങ്ങൾ കേൾക്കുന്ന ബ്രഹ്മജ്ഞാനം മുഴുവൻ ഈ അബദ്ധം തന്നെയാണ് എന്താണ് ഗുരുവിനും ബ്രഹ്മജ്ഞാനം ഉണ്ടായി പ്രപഞ്ചം ബാധിച്ച പോലെ എല്ലാം പോയി പിന്നെ ഗുരു എവിടെ ശിക്ഷിനുരർ നൈവ ശിഷ്യ അങ്ങനെല്ലാം പറയുന്നത് പക്ഷെ ഗുരു നൈവ ശിഷ്യ സിവോ അന്യോ എന്ന് വീണ്ടും പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഈ പാട്ട് നടക്കത്തില്ല മുനർ നൈവ ശിക്ഷങ്ങനെ പാടുള്ളൂ അപ്പൊ ഈ പറയുന്ന തന്നെ എന്താണ് ഒരാള് പറയുന്നത് ഒരെണ്ണയോ ശി സി ഓരോ പറയണ എനിക്ക് നാക്കില്ല നാക്കില്ല നാക്കില്ല എന്ന് പറയുന്നത് വ്യാഘാതകോഷമാണ് അങ്ങനെ പറയാൻ പറ്റില്ല പിന്നെ എന്തുകൊണ്ട് ആൾക്കാർ ഇതൊക്കെ ആവർത്തിക്കുന്നു ഒരു സുഖം മനസ്സിലായി ഇതൊക്കെ നമ്മൾ പറയുമ്പോ പറയുന്ന ഒരു സുഖം ഇത് കേൾക്കുന്നവനെന്തെയ്യും ഇത് കുറെ കാലം ഇരുന്ന് ഈ പറയുന്ന കേട്ട് പഠിക്കും പഠിക്കുമ്പോൾ സുഖമൊന്നും തോന്നത്തില്ല പിന്നെ ഇവ ഇത് പറയാൻ പോകും അപ്പൊ അവനും ഒരു സുഖമാണ് കേട്ടോണ്ടിരിക്കുമ്പോൾ വലിയ സുഖമൊന്നും തോന്നത്തില്ല പല സംശയങ്ങളും അതുകൊണ്ട് ഇതുമൊക്കെ ഇവരെന്താണ് ഇവർ പറയാൻ തുടങ്ങുന്ന അന്നപോലെവനും ഒരു സുഖമാകും ആണോ അല്ലെ പറയുന്ന സുഖം കേക്കം നടക്കുന്നത് കേബം എപ്പോഴും സംശയം ഉണ്ടെങ്കിൽ ശരിയാവും ആ എന്താ വേണ്ടി പറയാൻ വരാം നമ്മൾ ഇന്ന് മതപ്രഭാഷണത്തിനായിട്ടങ്ങറങ്ങും പിന്നെ പരമസമൂഹം ആണോ എന്റെ കാര്യമൊന്നുമില്ല ഏ പിന്നെ നിങ്ങളൊക്കെ ട്രെയിനിങ് എടുത്തോണ്ടിരിക്കും അതുകൊണ്ടെന്നെ നിങ്ങളോട് ചോദിക്കുന്നു പറയുമ്പോ ഒരു സുഖമുണ്ട് അതെങ്കിൽ ഈ പറയുന്നത് തെറ്റാണെന്ന് പറയുന്നത് അപ്പോ ശ്രദ്ധ കാര്യം എന്ന് പറഞ്ഞാൽ ശിഷ്യ ആചാര്യത്വമായ ശിഷ്യത്വ ആചാര്യത്വം ശിഷ്യാചാര്യത്വം എന്ന് പറഞ്ഞാൽ ശിഷ്യത്വ ആചാര്യത്വം തെര ഉപദേഷ്ടഭാവ ഉപദേശിക്കുന്നവരെല്ലാം ഭക്ഷണഭാവ ചോദിച്ചു ചോദിച്ച ശിഷ്യനെല്ലാം ഉപദേശ പരിക്കരാക ഉപദേശത്തിനുവേണ്ടിയുള്ള എല്ലാം എന്തൊക്കെ വേണമെന്നുതാര ദേശം കൊടുക്കുന്നത് തന്നെ ഇനി രണ്ടാമത്തെ പക്ഷം അതാണ് അടുത്ത് വ്യാഖ്യാനം എനിക്ക് പറയുന്നത് ഗുരോഹോക്തൃഷ്ടത്തി അനുബന്ധി ഗുരോഹട്ട ദൃഷ്ടത്വം ഗുരു എന്ന് പറയുന്ന ആരാണോ സ്വപ്നം കാണുന്നവനല്ല സ്വപ്നത്തിൽ കാണുന്നവൻ ഞാനല്ല ഒരു നിങ്ങളോരോരുത്തരുമാണ് ആ പക്ഷം ഞാനെഴുതുക അങ്ങനെ എടുത്തവര് ഞാൻ പറയുന്നു ഒരു അത് നമ്മുടെ ഗുരു തജ്ഞാനും ചക്കൾത്തിൽ തിരിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോഴേ അത് വ്യക്തമാകും ഞാൻ പറഞ്ഞപ്പോഴും പറ ഇവിടെ എന്താണ് പറയുന്നത് നോക്കുന്നത് അത് ആദ്യത്തെ പ്രശ്നം ഇതാണ് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു ഞാനെല്ലാം എന്നെയോ എന്റെ സ്വപ്നത്തിൽ എന്നോട് ചോദ്യം ചോദിക്കുന്നവനാണ് അവിടുത്തെ ഗുരുവെങ്കിൽ അടുത്തു വേഗാന സ്വപ്ന ദൃശ്യ കൽപ്പിത പുരുഷ വിജ്ഞാന സ്വപ്നോപാധ്യത അപ്പോ ഞാൻ സ്വപ്നം കാണുന്നു ഞാൻ കാണുന്ന സ്വപ്നത്തിലെ നീയാണ് ഗുരുവെങ്കിൽ നിനക്ക് തത്വം ഞാനുണ്ടായ എന്ത് സ്വപ്നം പോകും ഓ ഞാൻ സ്വപ്നം കാണും ആ സ്വപ്നത്തിൽ ഒരു കഥാപാത്രമായ നീയാണ് ഇവിടെ ഗുരു എങ്കിൽ നിന്റെ തത്വംജ്ഞാന ഈ സ്വപ്നം ഇല്ലാതാവും കാരണം ഈ സ്വപ്നം ഇല്ലാതുകൊണ്ട് ഞാൻ തേട എനിക്ക് ജ്ഞാനം വേണം എനിക്ക് തത്വം ജ്ഞാനം വേണം കാരണം ഒന്നുമുണ്ട് ഞാനാണ് സ്വപ്നങ്ങൾ ഞാനാണ് മായ അവിദ്യാ സബളേതനായിരിക്കുന്ന ഏക ജീവനായിരിക്കും ഞാനാണ് മോക്ഷത്തെ അജ്ഞാനാണ് സാധനജയം എനിക്കാണ് തത്വം ജ്ഞാനം വേണ്ടത് എന്റെ അജ്ഞാനമാണ് നശിക്കേണ്ടത് ഇതിന് പകരം എന്റെ സ്വപ്നത്തിന് കേവലൊരു കഥാപാത്രമായ നീ ആണ് ഗുരു എന്ന് വന്നുകഴിഞ്ഞാൽ നിന്റെ തത്വജ്ഞാനം കൊണ്ട് ഈ സ്വപ്നം ഇല്ലാതാകും മനസിലാവുന്നു നിന്റെ തത്വജ്ഞാനം കൊണ്ട് എന്റെ സ്വപ്നം ഇല്ലാതാകത്തില്ല ഒരിക്കലും നിലകുന്ന കാര്യങ്ങൾ കണ എന്താ സ്വപ്ന എന്റെ നീ എന്റെ സ്വപ്നത്തിലെ കഥാപാത്രമാണ് നിന്നിൽ എന്ത് വേണോ സംഭവിച്ചോട്ടെ അന്ന് എനിക്ക് പ്രശ്നമാണ് എന്റെ തത്വജ്ഞാനം കൊണ്ട് എന്റെ സ്വപ്നം ഇല്ലാതാവും എന്റെ ആയിട്ടാണ് നിശ്ചിത അതാണ് എന്റെ ദോഷം അതാണ് നഹി സ്വപ്നം ദൃശ കല്പിത പുരുഷനാണ് സ്വപ്നം സ്വപ്നം നിർശ കല്പിത പുരുഷൻ നീ നിന്റെ വിജ്ഞാനം കൊണ്ട് എന്നിട്ട് നീ ഒന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെടുക്കാൻ വേണ്ടിട്ടാണ് നീ നീന്ന് പറയുന്നത് വ്യക്തമാകാൻ വേണ്ടിട്ടാണ് അപ്പൊ ആ സ്വപ്നത്തിൽ ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കാം അതിനുവേണ്ടിട്ട് അങ്ങനെ പറയും കൊണ്ട് സ്വപ്നവും ബാധിക്കലും ബാധിക്കത്തില്ല അപ്പൊ സ്വപ്നത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ തത്വം അത്രാവി ഗുരുവർജ്ഞാനേനോ അതുപോലെ തന്നെ ഇവിടെ എന്താണോ ഏകജീവവാദം അത്ര എന്ന് വെച്ചാൽ ഏകജീവവാദത്തിൽ ഗുരുവിന്റെ ജ്ഞാനം കൊണ്ട് ഗുരുവെന്ന് പറയുന്നാര് അതിനു വേണ്ടിട്ടാണ് ഞാൻ നേരെ നീ നീന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവിടെ തലയ്ക്കകത്ത് ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അത്രയും ഏകജീവത്തിന് ഒരു ജ്ഞാനേ നോച്ച ഗുരു എന്ന് പറയുന്നാർ ജ്ഞാനല്ല എന്റെ സ്വപ്നത്തിലെ കഥാപാത്രവും ആ ജ്ഞാനം കൊണ്ട് പ്രപഞ്ചബാധാ ഭാവ സ്വപ്നം എങ്ങനെയാണോ ബാധിക്കാത്തതുപോലെ പ്രപഞ്ചത്തിലും ബാധ ഉണ്ടാകത്തില്ല തദ്ധായ ആ പ്രപഞ്ചബാധയ്ക്ക് വേണ്ടി ഉപദേശ്രയോജന പൂർവ തുടങ്ങി ആ ഉപദേശത്തിന് യാതൊരു പ്രയോജനവും ഇല്ല അപ്പൊ രണ്ട് പക്ഷം സ്വപ്നം കാണുന്നവനാണ് ഇവിടെ ഗുരു എന്ന് വന്നു കഴിഞ്ഞാൽ എന്റെ ഉപദേശം വേസ്റ്റാ കാരണം ജ്ഞാനം കൊണ്ടുശേഷൻ പോയി ഗുരുവും പോയി എല്ലാം പോകും ഇനി സ്വപ്നം കാണുന്നതിൽ ഒരു കഥാപാത്രമാണ് ഗുരുവിന്റെ അടുത്ത് കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിന് ഞാനോ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ സ്വപ്നം നശിക്കാത്തത് അതുപോലെ നിങ്ങളുടെ ആർക്കെങ്കിലും ഒരാൾക്ക് തത്വജ്ഞാനം ഉണ്ടായാലും എന്റെ ഈ സ്വപ്നനിഷ്ഠാവായിരിക്കുന്ന എന്റെ ഈ സ്വപ്നത്തിന് ഒന്നും സംഭവിക്കില്ല സംസാരം നിവർത്തിക്കില്ല മനസ്സിലായി രണ്ടുപക്ഷ രണ്ടുപക്ഷ സ്വപ്നം കാണുന്നവനാണ് ഗുരു എന്നുള്ള പക്ഷം സ്വപ്നത്തിൽ കാണുന്നവനാണ് ഗുരു എന്നുള്ള പക്ഷം ഈ രണ്ടുപക്ഷം എടുത്താലും ഏക ജീവഭാഗത്തിൽ സംസാര നിവൃത്തി ഉണ്ടാകത്തില്ല ജ്ഞാനം കൊണ്ട് ോക്ഷ ശ്രദ്ധിക്കത്തില്ല അപ്പോ ഇവര് പറയുന്നത് ശരിയാണു ഇതുവരെ ആർക്കും ഞാനും ഉണ്ടായിട്ടില്ല ഇതുവരെ സംസാരവും നിവർത്തിച്ചിട്ടുമില്ല ശുഖവാമദേദികളെല്ലാം കാണും ഏ എന്ന് ആണല്ലോ പറയുന്നതെന്ന് നമുക്ക് തോന്നും പക്ഷെ അങ്ങനെ മനസ്സിലായി അദ്ദേഹം പറഞ്ഞു വരെല്ലോ എന്താണ് ഏകജീവവാദം ശരിയെന്നല്ല പറയുന്നു ഏകജീവവാദം തന്നെ പറയുന്നത് ഇതുവരെ ആർക്കും ഞാനും ഉണ്ടായിരുന്നു ഇതുവരെ ഇദ്ദേഹം പറയുന്നതല്ലേ ഇദ്ദേഹം പറയുന്ന ഏകജീവവാദം അനുസരിച്ച് എന്താണ് സ്വപ്നം കാണുന്നവനായി ഗുരുവിനെടുത്താലും മോക്ഷം സംഭവിക്കില്ല സ്വപ്നത്തിൽ കാണുന്നവനായിട്ട് ഗുരുവിനെടുത്താലും മോക്ഷം സംഭവിക്കില്ല അപ്പൊ രണ്ടുമൊന്നായില്ലേ എന്താ വ്യത്യാസം ഇനി ഒരിക്കലും ഇവര് പറയത്ത ഭാവിയിൽ ഉണ്ടാവുന്നതാണ് ഭാവിയിൽ ഇവര് സംഭവിക്കട്ടെ ഭാവിയിൽ ആർക്കെങ്കിലും ജ്ഞാനമുണ്ടായി പ്രപഞ്ചം നിവർത്തിക്കണമെങ്കിൽ അവിടുത്തെ ഗുരു എന്തെങ്കിലും സ്വപ്നം കാണുന്നവനായിരുന്നു അല്ലെങ്കിൽ സ്വപ്നത്തിലെ കഥാപാത്രം പറയുന്നു ഈ രണ്ടു പേർക്കും ജ്ഞാനമുണ്ടായാലും വരുന്ന ദോഷമാണ് ഇവിടെപ്പെടുന്നത് സ്വപ്നം കാണുന്നവനാണ് ഗുരുവെങ്കിൽ ഞാനുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഉപദേശിക്കാൻ പറ്റത്തില്ല അതുകൂടി തീർന്നു അപ്പൊ അതിന് യാതൊരു സാധ്യം കാണുന്നില്ല ഒരു ശിഷ്യ പരമ്പരയിൽ നിന്ന് നീക്കിയില്ല ഈ സ്വപ്നത്തിൽ കാണുന്ന അവനാണ് ഞാനുണ്ടാകുന്നെങ്കിൽ അതുകൊണ്ട് സ്വപ്നം ഇല്ലാതാകത്തില്ല അങ്ങനെയാണ് പരിസരത്ത് അതുകൊണ്ട് ഇനിയും ഒരിക്കലും ഏകജീവിവാദം എന്താണ് പോക്ഷം സംഭവിക്കില്ല സംസാരം സംഭവിക്കില്ല അതാണ് പറഞ്ഞത് യോജിവാദത്തെ അനുകൂലിക്കുകയാണ് മനസ്സിലാവുന്നുണ്ടോ പിന്നെ രണ്ടു വർഷമുണ്ട് എല്ലാം കൂടെ ഒറ്റയടിക്ക് പോകത്തില്ല മാറ്റി വെച്ചു